ജ്യോതിഷം എന്ന് പറയുന്നത് എല്ലാ ശാസ്ത്രങ്ങളെക്കാളും ഏറ്റവും വലിപ്പമേറിയതാണ് മഹാഭാരതത്തിൽ ഇല്ലാത്ത ഒന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് ഏത് കാര്യം നോക്കിയാലും മഹാഭാരതത്തിൽ കാണും ഏത് തരത്തിലുള്ള ആളുകളെ ആളുകൾ ഏത് സ്വഭാവത്തിലുള്ള ആളുകളെ പറ്റിയും മഹാഭാരതത്തിൽ കാണാം മഹാഭാരതത്തിൽ ഇല്ലാത്തതൊന്നും വെളിയിലില്ല എന്നാണ് ആ മഹാഭാരതത്തിൽ ആകെ ഒരു ലക്ഷം ശ്ലോകങ്ങളാണുള്ളത് നമ്മുടെ വ്യാകരണം എന്ന് പറയുന്ന ശബ്ദശാസ്ത്രത്തിൽ ഒരു ലക്ഷം ശ്ലോകമാണുള്ളത് നാല് വേദങ്ങളിലും കൂടെ ഒരു ലക്ഷം ശ്ലോകമാണുള്ളത് എന്നാൽ ഈ ശാസ്ത്രത്തിൽ നാല് ലക്ഷം ശ്ലോകങ്ങളുണ്ട് എന്നർത്ഥം ലക്ഷം ചത്വരി വേദാഖ്യോ ലക്ഷം ഭാരതമേവച ലക്ഷം വ്യാകരണപ്രോക്തം ചതുർലക്ഷം ത് ജ്യോതിഷം ഇങ്ങനെ നാല് ലക്ഷം ജ്യോതിഷം ശ്ലോകങ്ങൾ ഉള്ള ഒരു വിഷയമാണ് നാല് ലക്ഷം ശ്ലോകങ്ങളെന്ന് പറഞ്ഞാൽ ഓരോ ശ്ലോകവും ഓരോ വിഷയങ്ങളാണെന്നർത്ഥം നാല് ലക്ഷം ശ്ലോകം പഠിച്ചിട്ട് ആർക്കും ഇത് കൈകാര്യം ചെയ്യാൻ ഒക്കില്ല ദൈവികമായിട്ട് ആണ് ഒരു ജോൽസ് ദൈവജൻ്റെ അടുത്ത് അല്ലെങ്കിൽ ജോലിസിൻ്റെ അടുത്ത് പോകണമെന്ന് തോന്നുന്നത് തന്നെ ദൈവീകത്വം ആണ് ഒരു ഉള്ളിലൊരു പ്രേരണ ഉണ്ടാകും ആ പ്രേരണ കൊണ്ടാണ് ഒരു നമുക്ക് ജോലിസിനെ കണ്ട് തീരുമാനിക്കാം എന്ന് വിചാരിച്ച് പോകുന്നത് അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിനെ കാണാൻ പറ്റുന്നത് തന്നെ ഒരു ഭാഗ്യമാണ് പറ്റിയാൽ തന്നെ അദ്ദേഹം പറയുന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ഒരു ഭാഗ്യം വേണം ആ ഭാഗ്യം ഉണ്ടായിരുന്നാൽ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള നിർദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് വേറെ ഒരു ഭാഗ്യം വേണം ഈ ശാസ്ത്രം പഠിക്കുന്നതിന് അതിനേക്കാളുമെല്ലാം വലിയ ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ നമ്മുടെ ശാസ്ത്രമനുസരിച്ചും പ്രകൃതി അനുസരിച്ചും എല്ലാവരുടെയും അനുഭവം അനുസരിച്ചും ഒരു ഈ ജന്മത്തിലുള്ള കാര്യം അല്ല നമ്മൾ അനുഭവിക്കുന്നത് പൂർവജന്മങ്ങളിൽ അനുഭവിച്ച് തീരാനുള്ളതും കൂടെ ഈ ജന്മത്തിൽ അനുഭവിക്കും ശരീരത്തിന് ഒരു ലിമിറ്റഡ് വയസ്സുവരെ ശരീരത്തിന് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ എന്നാൽ അതിലിരിക്കുന്ന ശക്തിക്ക് അതിനെ അതിന് ജനനവും മരണമൊന്നുമില്ല